അദ്ദേഹത്തിന്റെ ജനത അദ്ദേഹത്തോട് തർക്കിച്ചു അദ്ദേഹം പറഞ്ഞു അള്ളാഹു സുബാനഹുവ ചായ എന്നെ നേർവഴിയിലാക്കിയിരിക്കേ നിങ്ങൾ എന്നോട് അള്ളാഹുവിനെക്കുറിച്ച് തർക്കിക്കുന്നുവോ എന്റെ രക്ഷിതാവ് എന്തെങ്കിലും ഉദ്ദേശിച്ചാൽ ഒഴികെ നിങ്ങൾ പങ്കു ഞാൻ ഭയപ്പെടുന്നില്ല എന്റെ രക്ഷിതാവ് എല്ലാ കാര്യങ്ങളെയും അറിവുകൊണ്ട് വലയം ചെയ്തിരിക്കുന്നു നിങ്ങൾ ചിന്തിക്കുന്നില്ലേ